അവയുടെ മാംസമോ രക്തമോ അല്ലാഹുസുബഹാനുഹൂവചായാലാവിനെ എത്തിക്കുകയില്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തക്കുവ ദൈവഭക്തി മാത്രമാണ് അവനെ എത്തിക്കുന്നത് അവൻ നിങ്ങൾക്ക് നൽകിയ സന്മാർഗത്തിന്മേൽ നിങ്ങൾ അള്ളാഹുസുബഹാനുഹൂവായാലാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി നാം അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു സൽക്കർമ്മകാരികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക